പറയപ്പെട്ടു ഓ നൂഹ് ഞങ്ങളുടെ സമാധാനത്തോടും നിന്റെ മേലും നിന്നോടൊപ്പമുള്ള സമൂഹങ്ങളുടെ മേലും അനുഗ്രഹങ്ങളോടും കൂടി നീ ഇറങ്ങുക മറ്റു ചില സമൂഹങ്ങൾക്ക് നാം സുഖഭോഗങ്ങൾ നൽകും പിന്നീട് ഞങ്ങളുടെ പക്കൽ നിന്നുള്ള വേദനയേറിയ ശിക്ഷ അവരെ ബാധിക്കും